ോഹയുടെ പുത്രന്മാരായ ഷേം ഹാം യാഫേത്ത് എന്നവരുടെ വംശ പാരമ്പര്യമാവിത് ജലപ്രളയത്തിന്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു യാഫേത്തിന്റെ പുത്രന്മാർ ഗോമർ മാഗോഖ് മാതായി യാവാൻ തൂബൽ മെഷർ തീരാസ് ഗോമേരിന്റെ പുത്രന്മാർ അസ്കനാസ് റീഫത്ത് തോഗർമ്മ യാവാന്റെ പുത്രന്മാർ എലീഷ തർഷീഷ് കിത്തീം ദോദാനി ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷാഭാഷയായും ജാതിജാതിയായും കുലം കുലമായും പിരിഞ്ഞു ഹാമിന്റെ പുത്രന്മാർ കൂശ് മിശ്രമി പൂത്ത് കനാൻ കൂശിന്റെ പുത്രന്മാർ സെബ ഹവീല സപ്ത രമ സപ്തേക്ക രമയുടെ പുത്രന്മാർ ഷെബയും ദദാനും കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെപ്പോലെ നായാട്ടുവീരനെന്ന് പഴഞ്ചൊല്ലായി അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ ഏരക് അക്കാദ് കൽനേ എന്നിവയായിരുന്നു ആ ദേശത്ത് നിന്ന് അശൂർ നിനവേ രഹോബോത് പട്ടണം കാലഹ് നിനവയ്ക്കും കാലഹിനും മധ്യ മഹാനഗരമായ രേസൻ എന്നിവ പണിതു മിശ്രയുമോ ലൂതീൻ അനാമീം ലെഹാബീം നഫ്തൂഹീം പത്രൂസീം കസ്പൂഹീം ഇവരിൽ നിന്ന് ഫെലിസ്റ്റ്യർ ഉത്ഭവിച്ചു കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തന്റെ ആദ്യ ജാതനായ സീതോൻ ഹെത്ത് യബൂസ്യൻ അമോരിയൻ ഗിർഗശ്യൻ ഹിവ്യൻ അർക്കൻ സീന്യൻ അർവാദ്യൻ സെമാരിയൻ മാത്യൻ എന്നിവരെ ജനിപ്പിച്ചു പിന്നീട് കനാന്യവംശങ്ങൾ പരന്നു കനാന്യരുടെ അതിർ ശ്രീതോൻ തുടങ്ങി ഗരാർ വഴിയായി ഗസാവരെയും സോതോമും ഗോമോരയും ആത്മയും സെബോയിമും വഴിയായി ലാഷവരെയും ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതിജാതിയായും കുലംകുലമായും ഭാഷാഭാഷയായും ഹാമിന്റെ പുത്രന്മാർ ഏബരിന്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫെത്തിന്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു ഷേമിന്റെ പുത്രന്മാർ ഏലാം അശൂർ അർപ്പഷാദ് ലൂത് അരാം അരാമിന്റെ പുത്രന്മാർ ഊസ് ഹൂൾ ഗേഥർ അർപ്പഷാദ് ജനിപ്പിച്ചു ഏബരിന് രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരുത്തന് പേലഗ് എന്നു പേർ അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത് അവന്റെ സഹോദരന് യോക്താൻ എന്നുപേർ യൊക്താനോ അൽമോദാദ് ഷാലേഫ് ഹസർമാവത്ത് യാാരഹ് ഹദോരാം ഊസാൽ ദിക്ല ഓബാൽ അബീമയേൽ ഷെബ ഒഫീർ ഹവീല ോബാബ് എന്നിവരെ ജനിപ്പിച്ചു ഇവരെല്ലാവരും യോഗാന്റെ പുത്രന്മാർ ആയിരുന്നു അവരുടെ വാസസ്ഥലം മേശാദ് തുടങ്ങി കിഴക്കൻമലയായ സെഫാർ വരെ ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതിജാതിയായും കുലംകുലമായും ഭാഷാഭാഷയായും ഷേമിന്റെ പുത്രന്മാർ ഇവർ തന്നെ ജാതിജാതിയായും കുലംകുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്